ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യശിയാവിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിക്കാം യശിയാവിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യം സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കിന്നും ഈ ഞായറാഴ്ചയും വിവിധ സ്ഥലങ്ങളിലിരുന്നാണെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുവാനും ഒന്നിച്ച് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് മെയ് മാസവും കടന്നു പോവുകയാണ് നമുക്ക് ഒന്നിച്ചു കൂടാനായിട്ട് കഴിയുന്നില്ല കർത്തൃമേശി ആചരിക്കാനായിട്ട് കഴിയുന്നില്ല തമ്മിൽ കാണാനായിട്ട് അവസരം ലഭിക്കുന്നില്ല എന്നാൽ നമ്മളെ ഇന്ന് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം വീണ്ടും ഇങ്ങനെ ദയോജനത്തിന്റെ ചുറ്റാകെ ആയിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ വാക്യം നമ്മളെ ചിന്തിക്കുന്ന ഈ വാക്യം സ്ഥിരമാനസൻ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു നമുക്ക് ഒരു പൂർണ്ണ സമാധാനമാണ് ഇന്ന് ആവശ്യം നമ്മുടെ സാഹചര്യങ്ങൾ ഒരു സമാധാനം എടുത്തു കളയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടമൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യും ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ആരെ തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നവന് തന്നിൽ ആശ്രയം വെച്ചിരിക്കുക എന്ന് മാത്രമല്ല അവിടെ കണ്ടോ സ്ഥിര മാനസ് എന്നുവെച്ചാൽ ദൈവത്തിൽ ഇപ്പോഴാശ്രയം വെച്ചു ദൈവത്തെ ഇപ്പോൾ വിശ്വസിച്ചു അല്പം കഴിയുമ്പോൾ വീണ്ടും ദൈവത്തെക്കുറിച്ച് ചില സംശയങ്ങളായി വിശ്വാസം പോയി ആസ്ഥാനത്ത് അവിശ്വാസം വന്നു അങ്ങനെയുള്ള ഒരാൾ സ്ഥിരമാനസനല്ല സ്ഥിരമായിട്ട് സ്റ്റെഫാസ്റ്റ് ആയിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ഒരുവൻ സ്ഥിരമാനസൻ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരുവൻ അങ്ങനെ ഒരുവൻ അവനെയാണ് ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത് എന്നാണ് ഏശയ്യാവ ഇവിടെ പറയുന്നത് എന്ത് ചെയ്യും അതിൻ്റെ തൊട്ട് വാക്യം യഹോയഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോയിൽ എന്നേക്കും ആശ്രയിപ്പി പാറയാണ് ദൈവവചനത്തിൽ പലപ്പോഴും വളരെ ഉറപ്പുള്ള ഒരു കാര്യത്തിൻ്റെ പ്രതീകമായിട്ട് പറയാറുണ്ടല്ലോ പാറ പാറ കുലുങ്ങിപ്പോവുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതാ അവനാ പാറ ആ വിശ്വാസത്തിൻ്റെ ആ ഉറപ്പ് ആ ഇളക്കമില്ലായ്മ ദൈവത്തെക്കുറിച്ച് ദൈവം അങ്ങനെ ശാശ്വതമായ ഒരു പാറയായിട്ടുള്ളതായിട്ട് വിശ്വാസത്തോടെ അവൻ കാണുകയും അവൻ ആശ്രയം വെക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരിക്കൽ മാത്രമല്ല സ്ഥിരമായിട്ട് അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നവനെ ദൈവം സമാധാനത്തിൽ കാക്കുന്നു എന്നാണ് നമ്മളെ വായിച്ചത് പ്രിയപ്പെട്ടവര് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ കടന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം നമ്മളെ ഒന്നിച്ചു കൂടുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയും ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു അതേസമയം തന്നെ തനിയെ ആയിരിക്കുമ്പോൾ എന്നാണ് ദൈവമേ ഇതിനൊരു അവസാനം ഉണ്ടാകുക ഇത് എന്താണ് ദൈവം ഞങ്ങളെ കൈവിട്ടോ ദൈവത്തിന് ഞങ്ങളെ പ്രിയമില്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന ചില കാര്യങ്ങൾ കൊണ്ട് ദൈവം എനിക്കെതിരായിട്ടായിപ്പോകുമോ എന്നൊക്കെയുമുള്ള പേടിയോ സംശയമോ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളോ ഒക്കെ വരാം കഴിഞ്ഞൊരു ദിവസവും ഞാൻ നമ്മുടെ ഒരു പ്രിയ സഹോദരനുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയായിരുന്നു താന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമകനായിരിക്കുന്നെങ്കിലും തൻ്റെ ഹൃദയത്തിലെ കൂടെ കൂടെ ഒരു ചിന്ത കടന്നു ദൈവം നമ്മളെ കൈവിട്ടോ അത് സംശയം പോലെയാണ് നമ്മൾക്കുക ഈ വിശ്വാസത്തിൻ്റെ എതിർപഥം എന്താ വിശ്വാസം എന്നുള്ളതിൻ്റെ എതിർപഥം നമ്മൾ വിചാരിക്കും അവിശ്വാസം എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെ വിശ്വാസത്തിൻ്റെ എതിർപഥം എന്ന് പറയുന്നത് സംശയമാണ് എന്ന് പറയാറുണ്ട് ശരിയല്ലേ അത് വിശ്വസിക്കുന്നു മറുവശത്ത് സംശയിക്കുന്നു വിശ്വാസത്തിൻ്റെ എതിർപദം സത്യത്തിലെ സംശയമാണ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഉറപ്പില്ല ദൈവം നമ്മളെ വീണ്ടെടുത്തൊന്നും നമ്മളെ രക്ഷിച്ചെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവസഭയിൽ നിൽക്കുന്നെന്നും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ ദൈവം എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ നടക്കുന്നില്ല ചില പ്രിയപ്പെട്ടവർ നമ്മുടെ ആളുകൾ തന്നെ രോഗികളായിത്തീരുന്നു നമ്മൾ പ്രാർത്ഥിച്ച ചില കാര്യത്തിന് വിടുതലില്ല ചില ആളുകൾ മരണം വഴിയായിട്ട് ഈ ലോകം വിട്ട് കടന്നുപോയി ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും തനിയുമൊക്കെ പലരും ആയിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തലിൻ്റെ ഞാൻ ദൈവസന്നിധിയിൽ ആ നിലയിൽ അംഗീകരിക്കപ്പെട്ടവനല്ലേ ദൈവം എൻ്റെ എൻ്റെ നേരെ മുഖം തിരിച്ചു കളഞ്ഞോ എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ ചിന്തകൾ വരാം അങ്ങനെയുള്ള സംശയത്തിൻ്റെ ചിന്തകൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് വഴങ്ങിക്കൊടുത്താൽ നമ്മളൊരു സ്ഥിരമാനസനായിരിക്കയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ചിന്തകളുടെയൊക്കെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും ഉണ്ടാവണം ബൈബിള് പറയുന്നത് രണ്ടു പേരിൽ നിന്ന് ഈ നിലയിലുള്ള പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരാം ഒന്ന് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവും നമുക്ക് പാപബോധം തരും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ചിലപ്പോഴും നമുക്കൊരു നമ്മളെ തന്നെ പുനർവിചിന്തനം ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരാം അതാണ് ഒരു ഉത്ഭവസ്ഥാനം എന്നാൽ ബൈബിള് തന്നെ മറ്റൊരു ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് അവിടെ പിശാചിനെ പറയുന്നത് പിശാജിൽ നിന്നാണ് ആ കുറ്റം വിധി വരുന്നത് നമ്മുടെ സഹോരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ പത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് കണ്ടോ അപ്പം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം രണ്ടിടത്തുനിന്ന് വരാം ഒന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വരാം രണ്ട് പിശാചിൽ നിന്ന് വരാം ഇതിലേതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ബോധ്യത്തെ നമ്മൾ സ്വീകരിക്കണം എന്നാൽ പിശാചിൽ നിന്നുള്ള ബോധ്യത്തെ നമ്മൾ തള്ളിക്കളയണം ഇതിനെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പാപബോധം നമ്മളെ നിരാശപ്പെടുത്തി കളയുന്നതല്ല നമ്മുടെ ധൈര്യം ചോർത്തി കളയുന്നതല്ല നമ്മളെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതല്ല മറിച്ച് അതെന്താ അത് നമ്മളെ നമ്മുടെ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടു തിരിഞ്ഞ് വീണ്ടും ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകി നീ ദൈവമകനാണ് ദൈവമകളാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പാപബോധം അതേസമയം അപവാദിയായ പിശാചിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലെന്ന് പറയുന്നത് അത് അതിൻ്റെ അകത്തൊരു ഉത്സാഹം തരികയില്ല മറിച്ച് അത് നിരാശ മാത്രമേ തരികയുള്ളൂ നിനക്ക് നീ രക്ഷയില്ല ദൈവം നിന്നെ കൈവിട്ടു എത്ര വട്ടം നീ ഇതേ പാപത്തിൽ വീണുപോയിട്ടുണ്ട് കർത്താവിൻ്റെ രക്തത്തെ നിയമരക്തത്തെ നീ മലിനമെന്ന് എണ്ണി അതുകൊണ്ട് നിനക്കിനി രക്ഷയിലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയുകയില്ല കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നൊക്കെയുള്ള നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും നമ്മുടെ ധൈര്യം കെടുത്തി കളയുന്നതുമായ ചിന്തകൾ പിശാലിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് രണ്ടു പേര് നമ്മളുടെ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും രണ്ടുപേര് നമ്മളെ കുറി നമ്മൾക്ക് പാവബോധം തരും ഒന്ന് പരിശുദ്ധാത്മാവാണ് അത് നല്ലതാണ് അത് ഉത്സാഹിപ്പിക്കുന്നതാണ് അത് നമ്മളേറ്റെടുക്കണം എന്നാൽ പിശാചി കൊണ്ടുവരുന്ന കുറ്റപ്പെടുത്തലും പിശാചി കൊണ്ടുവരുന്ന കുറ്റം വിധിയും അത് നിരാശ മാത്രമേ തരികയുള്ളൂ പ്രോത്സാഹനം തരുന്നതല്ല ആ അടിസ്ഥാനത്തിൽ ഇതിനെ തമ്മിൽ നമുക്ക് തിരിച്ചറിയാം പരിശുദ്ധാത്മാവിൽ നിന്നുള്ള തിരുത്തലികളെ നമ്മൾ സ്വീകരിക്കണം അതേസമയം തന്നെ പിശാചിൽ നിന്നുള്ളതിനെ നമ്മൾ തിരസ്കരിക്കുകയും വേണം നമ്മൾ ഏറ്റു പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് മാത്രമല്ല ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റുവന്ന ആ ബഹ്സേവാ സംഭവം നടന്നതിന് ശേഷം അവനൊരു പാപബോധമുണ്ടായിട്ട് അവൻ രചിച്ച ഒരു സങ്കീർത്തനമാണല്ലോ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ആ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം നോക്കുക അവിടെ അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നാൽ ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു എൻ്റെ ലംഘനങ്ങളെ യഹോവിയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചതെന്ന് കണ്ടോ ദാവീദ് ജീവിതത്തിൽ ഒരു വലിയ പരാജയമുണ്ടായി വലിയൊരു തെറ്റുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവന് അതവനെ അങ് ഞെരുക്കളഞ്ഞു നിത്യമായ ഞരക്കം എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എൻ്റെ വൈറ്റാലിറ്റി നഷ്ടപ്പെട്ടു പോയി അത് വറ്റിപ്പോയി എന്നാൽ ദാവീദ് എന്ത് ചെയ്തു ദാവീദ് തൻ്റെ ലംഘനങ്ങളെ യഹോവിയോട് ഏറ്റു പറഞ്ഞു അപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ദാവീദ് വീണ്ടും ഞരക്കങ്ങളൊക്കെ മാറി ഓ ഉത്സാഹിയായിട്ടും സന്തോഷമായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട് വീണ്ടും എണ്ണപ്പെടുന്നതുമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത് ഈ ദാവീദിൻ്റെ ജീവിതം നമുക്ക് ഉത്സാഹം തരട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്താൽ കൈവിടപ്പെട്ടവരല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റു കർത്താവത് ക്ഷമിക്കും നമ്മളെ അതുകൊണ്ട് നിത്യമായ ഒരു ഞരക്കത്തിൽ നമ്മളായിരിക്കേണ്ട കാര്യമില്ല ദൈവം നമ്മുടെ പക്ഷത്താണ് ദൈവം നമ്മുടെ പക്ഷത്താണ് അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് അനാവശ്യമായ കുറ്റം വിധിയുടെ ചിന്തകളെ അതിനോട് നിൽക്കാം അത് അപവാദിയായ പിശാചിൽ നിന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് പാപം നമ്മുടെ ഉത്സാഹത്തേക്കെടുത്തി കളയും നമ്മളെ ഒരു നിത്യമായ ഞരക്കത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ വൈറ്റാലിറ്റി നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ആ ഞെരുക്കം മാറും അല്ലെങ്കിൽ മാറണം മാറാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ കാര്യം അത് ദൈവീകമായ നിലയിൽ നമ്മളാ കാര്യത്തെ കാണുകയും അതിനോട് ഗൗരവമായിട്ട് ഇടപെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ദൈവത്തിൻ്റെ മക്കൾ നിലയിൽ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിലപ്പോഴേതെങ്കിലും പാപത്തിൽ നമ്മൾ കാലു തെറ്റി വീണെന്ന് വരാം നമ്മൾ പൂർണരായ മനുഷ്യരല്ല നമ്മൾ പാപ പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വാക്കിലോ വിചാരത്തിലോ പ്രവർത്തനങ്ങളിലോ നമുക്കൊരു പാപം ഒരു തെറ്റു വന്നെന്ന് വരാം പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പോം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് ആ കാര്യമാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തന്നെ വിശ്വസ്തനും നീതിമാനുമാകുന്നു ഏഴാമത്തെ വാക്യം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നോക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ നമ്മളത് ഏറ്റുപറഞ്ഞാൽ സകേല പാപവും യേശുവിൻ്റെ രക്തത്താൽ മായ്ച്ചു കളയും എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ കാണുന്നതാണ് ശരി അല്ലാതെ നമ്മുടെ തോന്നലല്ല ചില ആളുകളെങ്കിലും ദൈവവചനത്തെക്കാളും തങ്ങളുടെ തോന്നലുകൾക്കും തങ്ങളുടെ ഫീലിംഗ്സുകൾക്കും അടിമപ്പെട്ട് അയ്യോ ഞാൻ ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ വീണ്ടും ഒരു ഞെരുക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ദൈവീകമായ ഒരു വഴിയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പിശാജാണ് ആ സമയത്ത് ജയമെടുക്കുന്നത് അവനാണ് സഹോദരന്മാരെ രാപ്പകൽ കുറ്റപ്പെടുത്തുന്ന അപവാദി അതുകൊണ്ട് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിന് നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ നമ്മൾ ഉടനെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അവിടെ കണ്ട ഒരൊറ്റ ഒറ്റ കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ ഒരൊറ്റ ഉള്ളൂ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുക ഏറ്റുപറഞ്ഞാൽ അവൻ എന്തു ചെയ്യും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലെ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇതാക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു അവിടെ അവിടെ കണ്ടോ കർത്താവ് തന്നെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ കർത്താവിനെ അവിടെ വിശേഷിപ്പിച്ചേക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലെ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇതാക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നാണ് അവിടെ പറയുന്നത് ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉള്ള ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ക്ഷമിച്ച് തരുന്നത് എന്നുവെച്ചാൽ ദൈവം കരുണയുള്ളവനാണ് നീതിയുള്ളവനാണ് ഇതിലേതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തില ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതെന്നല്ലേ എന്നാൽ ഇവിടെ കണ്ടോ നമ്മളിപ്പോൾ വായിച്ച ആ വാക്യം അവിടെ പറയുന്നത് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ കരുണയുള്ളവനാണ് എന്നല്ല പറയുന്നത് മറിച്ച് അവൻ നീതിമാനാണെന്നാണ് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് നീതിയുടെ അടിസ്ഥാനത്തില എന്ന് വെച്ചാൽ എന്താ ദൈവം കരുണയുള്ളവനാണ് നീതി ഉള്ളവനാണ് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് കാരണം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു കാൽവറി ക്രൂശിയിൽ മരിച്ചു അപ്പം നമ്മുടെ നമ്മളെ പാപത്തെ ഏറ്റു അതിനുള്ള പരിഹാരമായി ദൈവത്തിൻ്റെ മുമ്പാകെ ആ പാപത്തിന്റെ പരിഹാരമായിട്ട് ഒരാളും മരിച്ചു പാപത്തിന്റെ ശമ്പളം മരണം അതാണ് ദൈവത്തിൻ്റെ നീതി ആ നീതി നിറവേറി ആ നീതി നിറവേറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഇനിയിപ്പം നമ്മളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയുകയില്ല അല്ലാതെ ഒരു കരുണയുടെ അടിസ്ഥാനത്തിലല്ല നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഹൃദയത്തിൽ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം പലരും വിചാരിക്കുന്നത് ദൈവം നമ്മളോട് ഒരു കരുണയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷമിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ടാണ് മനസ്സിലാക്കണേ ദൈവം തീർച്ചയായിട്ടും കരുണയുള്ളവനാണ് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവറി ക്രൂശിയിൽ തകർത്ത് കളഞ്ഞത് എന്നാൽ കാൽവറി ക്രൂശിൽ നമുക്ക് പകരം ഒരു പ്രായച്ചിത്ത മരണം നടന്നതുകൊണ്ട് ആ നമ്മൾ ആ പ്രായച്ചിത്ത മരണത്തിൽ നമ്മൾ ശരണപ്പെട്ട് ആ യേശുവിൻ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ആ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചാൽ ദൈവത്തിന് പിന്നെ നമ്മളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ കഴിയുകയില്ല കാരണം ദൈവം നീതിവാനാണ് നീതിവാനായ ദൈവം തൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ പാപം ക്ഷമിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല അത് മനസ്സിലാകാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു തെറ്റ് ചെയ്തു ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്തു പോലീസ് നമ്മളെ പിടിച്ചു കോടതിയിൽ കൊണ്ടുവന്നു കോടതി നമ്മളെ ഒരു അയ്യായിരം രൂപ പിഴ ശിക്ഷിച്ചു നമ്മളെന്ത് ചെയ്തു നമ്മൾ ആ പിഴ ഒടുക്കി പിഴയൊടുക്കി പിഴയൊടുക്കി അതിൻ്റെ രസീതും പോക്കറ്റിലിട്ട് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു പോലീസുകാരെ നമ്മളെ പിന്നെയും പിടിച്ചു നിർത്തി നീ നീ തെറ്റിയ്തില്ലേ നിന്നെ ശിക്ഷിക്കാൻ പോവുക എന്ന് പറഞ്ഞ് പിന്നെയും നമ്മളെ കോടതിയിലോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ചെന്നാൽ നമ്മൾ എന്തോ ചെയ്യും നമ്മളുടനെ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന നമ്മൾ അയ്യായിരം രൂപ പിഴയടച്ചു എന്നുള്ള ആ കാണിക്കും അത് വായിച്ചു കഴിയുമ്പോൾ പോലീസുകാരന് പിന്നെ നമ്മളെ ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അവനെ നമ്മളെ വിട്ടയക്കാൻ ഒക്കുകയില്ല കാരണം ഒരു തെറ്റ് നടന്നു ആ തെറ്റിൻ്റെ പരിഹാരമായിട്ട് ആ ശിക്ഷ നമ്മൾ ഒടുക്കി കഴിഞ്ഞു ശിക്ഷ ഒടുക്കിക്കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പം ഈ ലോ ഈ ഈ രാജ്യത്തെ നീതിക്ക് ഇനിയിപ്പം നമ്മളെ വീണ്ടും ശിക്ഷിക്കാനായിട്ട് ഒക്കുകയില്ല അതുകൊണ്ട് പോലീസുകാരൻ എന്തു ചെയ്യുന്നു ആ നീ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടയക്കുന്നു വിട്ടയച്ചത് അവന്റെ കരുണ കൊണ്ടാണോ അല്ല അല്ല നീതി കൊണ്ടാ കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ ശിക്ഷ നമ്മൾ ഒടുക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു ആ നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വിടുന്നു വെറുതെ വിടുന്നു അല്ലാതെ പോലീസുകാരൻ നമ്മളോട് കാണിക്കുന്ന ഒരു സൗജന്യമോ ഔദാര്യമോ കരുണയോ അല്ല ഞാനൊരു നമുക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ഒന്നിയോഹന്നാൻ ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം അനുസരിച്ച് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവിടുന്ന് അത് ക്ഷമിക്കത്തക്കവണ്ണം അവിടെ നിന്ന് എന്താണ് നീതിമാനെന്നാണ് പറഞ്ഞേക്കുന്നത് കരുണയുള്ളവൻ എന്നല്ല കാരണം ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിക്കൃശിയിൽ മരിച്ചു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ആ നിലയിൽ ഒടുക്കി ദൈവം മുമ്പാകെ അത് പൂർത്തിയായി കഴിഞ്ഞു യേശു ഒടുവിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പൂർത്തിയായി കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് ആ ദൈവം പൂർത്തിയാക്കി ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വളരെ വ്യക്തതയുണ്ടായിരിക്കണം അതുകൊണ്ട് റോ അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ എട്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇനിയും ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്തില്ല ഒരു ഒരു ശിക്ഷാവിധി ശിക്ഷാവിധി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അത് നല്ല പ്രയോഗം കണ്ടംനേഷൻ എന്നാണ് കണ്ടംനേഷൻ ഒരു കുറ്റപ്പെടുത്തലിനിയും ഇല്ല അതുകൊണ്ട് ഇനിയും ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു കുറ്റപ്പെടുത്തൽ വേണ്ട കാരണം നമ്മുടെ പാപം നമ്മളേറ്റു പറഞ്ഞപ്പോൾ കർത്താവ് അത് നീതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷമിച്ച് തന്നു അതുകൊണ്ട് ഇനി ഒരു കുറ്റപ്പെടുത്തൽ ആവശ്യമില്ല പിന്നെയും ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ചിന്ത കൊണ്ടുവന്നാൽ അത് പിശാചിൽ നിന്നാണെന്ന് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം പ്രിയപ്പെട്ടവര് രണ്ട് കോരിന്ദ്ർ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യവും ഈ നിലയിൽ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് അതും നമ്മളിവിടെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും രണ്ട് കോരിന്ത്യർ അഞ്ചാം അധ്യായം ഒടുവിലത്തെ വാക്യം ഇരുപത്തൊന്നാം വാക്യം ആ വാക്യം പറയുന്നത് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ആരെക്കുറിച്ചാണ് പറയുന്നത് പാപമറിയാത്തവനെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യേശു പാപമറിയാത്തവനാണ് അവനെ ദൈവം എന്താക്കി പാപമാക്കി ആർക്കു വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപമറിയാത്ത യേശു ക്രിസ്തു ആ പാപത്തിൻ്റെ ആ കുറ്റം ഏറ്റെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണ്ടോ ഒരു ഒരു കൈമാറ്റമാണ് നടക്കുന്നത് യേശു എന്ത് ചെയ്തു യേശു നമ്മുടെ പാപത്തിൻ്റെ കുറ്റമേറ്റെടുത്തു മറിച്ച് യേശുവിൻ്റെ നീതി നമ്മുടെ മേൽ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെ മുഷിഞ്ഞ കറുത്ത കർത്താവ് എടുത്തു എന്നിട്ട് കർത്താവിൻ്റെ നല്ല ഒരു ഒരു കറയും ഇല്ലാത്ത തൂവെള്ള ആ ഉടുപ്പ് നമ്മളെ അണിയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അത് എക്സ്ചേഞ്ച് ചെയ്തു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ കാര്യം കണ്ടോ കാൽവറിക്കൃഷികൾ നടന്നേ ആ കാര്യം കണ്ടോ എന്താ നടന്നത് യേശു തന്നെ നമ്മുടെ പാപം മുഴുവൻ താൻ ഏറ്റെടുത്തു എന്നിട്ട് നമ്മുടെ മേൽ ചുമത്തിയത് എന്താ യേശുവിൻ്റെ നീതിയാണ് നമ്മുടെ മേൽ ചുമത്തിയത് അതുകൊണ്ട് ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചതിന് ശേഷവും നമ്മുടെ നമ്മൾ കൊള്ളാത്ത ആളാണ് നമ്മൾ മോശക്കാരനാണ് ദൈവം പാ നമ്മൾ പാപിയാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ ദൈവത്തിൻ്റെ നീതിയെയാണ് ആക്ഷേപിക്കുന്നത് എന്ന കാര്യം ഓർക്കണം വ്യക്തമായോ അതായത് പാപമറിയാത്തവനെ കർത്താവായി യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അതേ അതേസമയം തന്നെ കർത്താവായി യേശു നീതിയാണ് ഇന്ന് നമ്മുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു നമ്മുടെ പാപം കർത്താവിൻ്റെ മേലും നീതി നമ്മുടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റു ഒരു പാപത്തെക്കുറിച്ച് നമ്മളിനി കുറ്റപ്പെടുത്തുമ്പോൾ അത് ശരിയല്ല കാരണം കർത്താവിൻ്റെ നീതിയുടെ അങ്കി തന്നെയാണ് നാം ധരിച്ചിരിക്കുന്നത് പിശാജ് ഈ നിലയിൽ കുറ്റപ്പെടുത്തലിന്റെ ചിന്ത കൊണ്ടുവന്നാൽ അതിനെതിരെ പിശാജിനോട് എതിർത്ത് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ദൈവം ആ നിലയിൽ ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ബോധ്യം നമുക്ക് തരട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുത്തു കർത്താവിൻ്റെ നീതി നമ്മുടെ മേൽ ചുമത്തി അതുകൊണ്ട് നമ്മളൊരു കുറ്റപ്പെടുത്തലിൻ്റെ ആത്മാവിൽ പോകേണ്ട കാര്യമില്ല കുറ്റപ്പെടുത്തലുകൾ അനാവശ്യമായ കുറ്റപ്പെടുത്തലും പരാജയത്തെക്കുറിച്ചുള്ള ബോധ്യവും നമ്മൾ ദൈവമക്കളെന്നുള്ള നിലയിൽ യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വചനം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും അവിടുന്ന് പിന്നെ അതിനെ ഓർക്കുകയും ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തൊന്നിൻ്റെ മുപ്പത്തി നാല് അവിടെയും അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അതിനെ മറക്കുകയും ചെയ്യും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായർ എട്ടിൻ്റെ പന്ത്രണ്ടിലും പത്തിൻ്റെ പതിനേഴിലും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല അതിനെ മറന്നു കളയുകയും ചെയ്യും ദൈവം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ മറന്നു കളഞ്ഞെങ്കിൽ നമ്മളതിനെ ഓർത്തുകൊണ്ട് നടന്ന് അങ്ങനെ നമ്മൾ ഞെരുങ്ങേണ്ട കാര്യമില്ല അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവം നമ്മുടെ പാപങ്ങളെ അതിനെ മറന്നു കളയുകയും അതിനെ നമ്മൾ നിന്ന് അകറ്റിക്കളയുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വളരെ ബോധ്യങ്ങൾ തരുന്ന ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഉദയം എവിടെയാ ഉള്ളത് കിഴക്കാ നടക്കുന്നത് അസ്തമയം എവിടാ നടക്കുന്നത് പടിഞ്ഞാറാ നടക്കുന്നത് ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ എന്നുവെച്ചാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം കിഴക്കിനെ പടിഞ്ഞാറിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് പോലെ നമ്മൾ ഏറ്റു പറഞ്ഞ ലംഘനങ്ങളെ ദൈവം എന്തു ചെയ്തിരിക്കുന്നു നമ്മളെ നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മളെ ചെറുപ്പക്കാർക്ക് കുഞ്ഞുങ്ങൾക്കറിയാം നമ്മളായിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്ലോബാണ് ഒരു ആ നിലയിൽ ഒരു ഗ്ലോബാണ് അതിന് കിഴക്കും പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക സത്യത്തിൽ ഈ ഗ്ലോബിന് എന്തേ ഉള്ളൂ വടക്കും തെക്കുമുണ്ട് എന്ന് വെച്ചാൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് നമുക്ക് ഈ ഗ്ലോബിൻ്റെ നോർത്ത് പോള് കണ്ടെത്താൻ കഴിയും സൗത്ത് പോൾ കണ്ടെത്താൻ കഴിയും അതായത് തെക്കിനെയും വടക്കിനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് പോലെ നിന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് യാത്ര ചെയ്താണെങ്കിലും സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിൽ എത്താം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിൽ എത്താം എന്നാൽ ഈ ഗ്ലോബിൻ്റെ കിഴക്കും പടിഞ്ഞാറും എങ്ങനെയാണ് നമ്മൾ കാണാൻ നമ്മൾ ആ ഗ്ലോബിലൂടെ കിഴക്കോട്ട് ചെല്ലുമ്പോൾ ആ ഗ്ലോബ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലോബ് പടിഞ്ഞാറോട്ട് പോകുന്നു കിഴക്കോട്ട് പോകുന്നു സത്യത്തിൽ കിഴക്കും പടിഞ്ഞാറും ഗ്ലോബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അത് അതിന് ഈ ഗ്ലോബിന് വടക്കും തെക്കുമേ ഉള്ളൂ കിഴക്കും പടിഞ്ഞാറും ഇല്ല എന്ന് വളരെ വേഗത്തിൽ പറയാൻ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകും ഉദയം അസ്തമയത്തോടകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കിഴക്കിനെയും പടിഞ്ഞാറിനേയും തമ്മിൽ അകറ്റിയിരിക്കുന്ന പോലെ ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനായിട്ട് ഒക്കുകയില്ല അവയെ ഒന്നിക്കുന്നത് ഒരു പക്ഷേ ഇൻഫിനിറ്റിയിൽ മാത്രമേ ഇത് ഒന്നിക്കുകയുള്ളൂ ഗ്ലോബിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതേസമയം തെക്കും വടക്കും ആയിരുന്നെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിൽ നമുക്ക് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിൽ എത്തുകയും നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിൽ എത്തുകയും ചെയ്യാമായിരുന്നു പക്ഷേ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ അങ്ങനെ ഈ ഭൂമിയെ അങ്ങനെ ബന്ധിച്ചിട്ടില്ലാത്തത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരിക്കലും ഒരിക്കലും നമ്മൾ എത്ര യാത്ര ചെയ്താലും അവിടെ എത്തിച്ചേരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കുക ഉദയം ഉദയം കിഴക്കാണ് അസ്തമയം പടിഞ്ഞാറാണ് കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്കിനി കണ്ടെത്താനൊക്കാത്തവണ്ണം അത് ആ നിലയിൽ അങ്ങ് അകന്നുപോയിരിക്കുന്നു ആ ഗ്ലോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും അങ്ങനെയാണ് ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത് ഇത് എത്ര വലിയൊരു ധൈര്യമാണ് നമുക്ക് തരുന്നത് കിഴക്കിനെയും പടിഞ്ഞാറേയും തമ്മിൽ ഇനിയൊരിക്കലും തമ്മിൽ കൂടിക്കാണുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്ന ലംഘനങ്ങൾ ഇനിയും ഒരിക്കലും നമ്മളെ കണ്ടെത്തുകയില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു പേടി കൊണ്ട് നടക്കണ്ട ഒന്നിയോഹന്ന നാലാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മൾ ന്യായവിധിയെക്കുറിച്ച് പേടിക്കേണ്ടെന്ന ചിലര് വിചാരിക്കുന്ന ദൈവം ഇപ്പം ക്ഷമിച്ചു തന്നാലും അന്ത്യ നാളിലെ ന്യായവിധിയുടെ ദിവസം ദൈവം ഇതൊക്കെ കുറിച്ചു വെച്ചിട്ടുണ്ട് ദൈവം ഇത് എടുക്കുമെന്നാണ് അങ്ങനെയല്ല നമ്മൾ കണ്ടത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചു അത് മറന്നു അത് മായ്ച്ചു കളഞ്ഞു പിന്നെ ഒരിക്കലും നമുക്കെതിരെ അത് പിടിക്കുകയില്ല നമ്മൾ ഒന്നിയോഹന നാലിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ അവിടെ നിന്ന് അത് ക്ഷമിച്ചും അതിനേ വായിച്ചു പിന്നീട് ന്യായവിധി നമുക്കെതിരെ പിടിക്കുകയില്ല കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരിക്കലും തമ്മിൽ ബന്ധപ്പെടാനൊക്കാത്തവണ്ണം അതിനെ തമ്മിൽ അത് അകന്നിരിക്കുന്നത് നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് നമ്മൾ നിന്ന് അകറ്റിയിരിക്കുന്നു ഈ ദൈവവചനമാണ് ശരി അല്ലാതെ നമ്മുടെ തോന്നലല്ല ശരി പിശാജ് പലപ്പോഴും തോന്നൽ കൊണ്ടുവരും ഒരു കുഞ്ഞിനെക്കുറിച്ച് ഒരു കഥ യൂത്ത് മീറ്റിങ്ങിൽ ഒരിക്കലും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ അവന് വലിയ കുറ്റബോധം അവന് വലിയ കുറ്റബോധം വന്നപ്പോൾ അവന് അവന് ദൈവസഭയിൽ കേട്ടിട്ടുണ്ട് കുറ്റബോധങ്ങൾ പിശാജിൽ നിന്നാണ് എന്നാൽ പരിശുദ്ധാത്മാവ് പാവ്ബോധമാണ് തരുന്നത് അതുകൊണ്ട് അവന് പിശാജ് കൊണ്ടുവന്ന കുറ്റബോധം അവൻ്റെ ഒരു പ്രത്യേക പാപം സംബന്ധിച്ചാൽ അതവൻ ഏറ്റു പറഞ്ഞതാണ് കർത്താവ് അത് ക്ഷമിച്ചതാണ് പിശാജ് പിന്നെയും ഒരു രാത്രിയിൽ അവൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുറ്റബോധം കൊണ്ടുവന്നു കുറ്റബോധം കൊണ്ടുവന്നപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ ഒന്നിയോഹന് ഞാൻ ഒന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിച്ചു വായിച്ചിട്ട് പറഞ്ഞു ഞാനെൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു അതുകൊണ്ട് കർത്താവ് കർത്താവിൻ്റെ നീതിയുടെ എന്നോട് ക്ഷമിച്ചു എന്ന് അവൻ ഉറപ്പാക്കി ഉറപ്പാക്കി ദൈവത്തെ സ്തുതിച്ചിട്ട് അവൻ കിടന്നു ഉറങ്ങാനായിട്ട് കിടന്നു ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ ലൈറ്റും ഓഫാക്കി കിടന്നപ്പോൾ പിന്നെയും മനസ്സിൽ ആ തോന്നൽ വരിക ഇല്ല ദൈവം അത് ക്ഷമിച്ചിട്ടില്ല ന്യായവിധി ദിവസത്തിൽ അത് നിൻ്റെ നേരെ ദൈവം കൊണ്ടുവരും എന്നൊക്കെ അവൻ്റെ മനസ്സിൽ തോന്നൽ അവൻ എന്ത് ചെയ്തു അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് യോഹന് ആ തൻ്റെ ബൈബിള് മേശപ്പുറത്ത് തുറന്നു വെച്ചു തുറന്നു വെച്ചിട്ട് അവന് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു പിശാചേ എൻ്റെ പാവം ഞാൻ ഏറ്റു പറഞ്ഞു കർത്താവ് അത് ക്ഷമിച്ചു തന്നു എന്നെനിക്ക് ഉറപ്പുണ്ട് നിനക്കുറപ്പില്ലെങ്കിൽ നീ വന്ന് ഈ ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒമ്പത് മിണ്ടാതെ പൊക്കോണം എൻ്റെ അടുത്ത് ശല്യത്തിന് വരരുത് ഞാൻ ഉറങ്ങാൻ പോവുക എന്നെ ഇനി കുറ്റപ്പെടുത്തുന്ന ചിന്തയും നീ വരരുത് നിനക്ക് എനിക്കൊരു സംശയവുമില്ല എൻ്റെ പാവം ക്ഷമിച്ചതെന്ന് നിനക്ക് വല്ല സംശയം നീ മിണ്ടാതെ വന്ന് ഒന്നിയോഹന ഒന്നിൻ്റെ ഒമ്പത് വായിച്ചിട്ട് മിണ്ടാതെ പൊക്കോണം എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായിട്ട് കിടന്നു എന്നാണ് കഥ പ്രിയപ്പെട്ടവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിശാജിനോട് എതിർത്ത് നിൽക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം നാലാമത്തെയായോ അതിൻ്റെ ഏഴാമത്തെ വാക്യം പിശാജിൻ്റെ തെറ്റായ കുറ്റബോധങ്ങളെ നമ്മൾ സ്വീകരിക്കണ്ട നമ്മൾ വിചാരിക്കുന്നത് അതിനെ സ്വീകരിക്കുന്നത് ആത്മീയമാണെന്ന് അങ്ങനെയല്ല നമ്മളെന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കണം ദൈവത്തിന് കീഴടങ്ങുന്ന അടിസ്ഥാനത്തിലേ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് ഓടിപ്പോവും അവൻ്റെ തെറ്റായ കുറ്റപ്പെടുത്തലുകളെ നമ്മൾ സ്വീകരിക്കരുത് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് അവിടുത്തെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ് ഈ സാഹചര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മാറ്റിത്തരും അല്ലാതെ നമ്മുടെ ഒരു തെറ്റുകൊണ്ടല്ല ഇത് തുടരുന്നത് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം ഒരു വാക്യം കൂടെ വായിക്കുന്നു യശയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം മുപ്പത്തിയൊന്നാമത്തെ വാക്യം എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പിശാജിനോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് യഹോവയെ കാത്തിരിക്കുക സ്ഥിരമാനസനായിട്ട് നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് പിശാജ് കൊണ്ടുവരുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമുക്കെന്ത് തരും ശക്തിയെ പുതുക്കും ശക്തിയെ പുതുക്കും ഇംഗ്ലീഷിൽ നമ്മൾ റിന്യൂ എന്നാണ് വായിക്കുന്നത് എന്നാൽ ചില വേർഷനിൽ പുതുക്കും എന്നുള്ളത് റിന്യൂന്നല്ല എക്സ്ചെയ്ഞ്ചെന്ന് കൈമാറ്റം ചെയ്യുമെന്ന് എന്നുവെച്ചാൽ ദൈവത്തിൽ എന്തുണ്ട് ദൈവത്തിൽ ശക്തിയുണ്ട് നമ്മൾ ദൈവത്തെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം നമുക്ക് കൈമാറ്റം ചെയ്യും എന്നാണ് അപ്പൊ നോക്കി കണ്ടോ ദൈവത്തിൻ്റെ ശക്തി തന്നെ ഉള്ളവരായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ളവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ കോവിഡിൻ്റെയും മഹാമാരിയുടെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് തളർന്നു പോകരുത് തളർന്നു പോകരുത് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യണം ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കിതെങ്ങനെ കഴിയും സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കാല് കർത്താവിൻ്റെ ചെയ്യും ഓ കർത്താവ് നമ്മളെ അവൻ്റെ അവൻ്റെ ശക്തി അവൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ അരമുറുക്കും കണ്ടോ കർത്താവിനെ കാത്തിരിക്കുന്നവർ അവൻ്റെ ശക്തി തന്നെ നേടി അങ്ങനെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുകയും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നമ്മുടെ ഈ സമയം നമ്മൾ ഒന്നുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ നിരാശപ്പെട്ടു പോകാതെ പരിഭ്രമിച്ചു പോകാതെ പിശാചിൻ്റെ കുറ്റപ്പെടുത്തലുകളെ ഏറ്റെടുക്കാതെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക സ്ഥിരമാനസനായി നിൽക്കുക ദൈവം നമ്മളെ കൈവിടുകയില്ല ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും വിശ്വാസമുള്ളവരായിരിക്കുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക ആമീൻ